ൃഷ്ടോയന മണ്യേ ം ഋഷേ വാച സ്നമന്യത്ര ശ്രീസൂതൗവാച ദ്വരേ സമനാപത്തെ തൃതീയേയ ജാത പരാശര യോഗി വാസവ്യം കലയാഹരേ സരസ്വത്യാ ഉപസ്പൃശ്യ ജലം വിവിക്തദേശാസീനം ഉദിതരവിമണ്ഡലേ പരാവരജ്ഞി കാലം വ്യക്തരം യുഗധർമ്മം വിധികരം പ്രാപ്തം ഭൌതിയാഞ്ചഭാവാ ശക്തിഹ്രഞ്ജതം അഷ്ടം ദുർമേഹൃതായുഷ ദുർഭാശമേന ചുരാ സർവർണശ്രമാദ്യമോ ചാതുർഹൂത്രം കർമ്മശുദ്ധം പ്രജാ വിധ്യവൈം വേദയം ജത്യേ വേദമേകം ചതുർവിധം നിർഗ്യുസ്സാഥർവാഖ്യേദപുരാണ േ ഉച്ചയകൃാമുദിമഹർ തോ വേദം തശിഷ്യേ വേദാസ്തോ ചാല ഭഗവത് വ്യാസ കൃമണവത്സല സ്ത്രീശൂത്രം തിരിമൂഢാ ശ്രേ ഏവംഭവീതിർവാത്മകേനൃദയം ഹൃദയ ൂദ്രാദി ആത്മാത്മനാഗോ അസംബന് ം ഭാഗവതർ പ്രാണ നിരഹംസേ ഹ്യുത പ്രിയത്മാനം കൃഷ്ണ നാരദോഭ്യാശ്രമം ആമ വിജ്ഞാസ പ്രത്യുക്തായം മനി പ്രജ പൂജയാസവിധി വന്നദം ഭഗവതി മഹാപുരാണേ പാര ുഖമാസീന ഉപസീനം മൃഗസ്രവാ ഋഷിപ്രാഹ വിപ്രഷിം വീണ പാണിസ്മയ നാരദോ വാച പാരാശര്യമഹാഭാഗാത കച്ചിദാത്മന പരിദുതിൽ ജിജ്ഞാസിതം സുസംബന്ധിതം ജിജ്ഞാസിതീതം ജാത്തൽ ബ്രഹ്മ സനതം അഥാശോത്മാനമകൃത പ്രഭോ ശ്രീ വ്യസോവാച അസ്ത്യേവ മേ സർം തയോക് പരിദുഷ്യത മേ തന്മൂലമ വ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്മഭവത്മഭൂതം സവൈ ഭവാൻ വേദ സമസ്തുഹ്യമുസിഷ പുരാണ പരാവരേശോ മനസേ വിശ്വം സൃജത്വുരം പര്യടനർവരിപദം ഹരേര്യോവിത്രംസ്ട്രഹംസന്തി ർഗോ ജനദാഘവിൻ പ്രതിശ്ലോകമവ്യനന്ദോങ്കിതൃണ്ൃണന്ത്ാവവർജിതലം നിരഞ്ജനം കുത പുനശ്ശദഭ്രമീശ്വരെ നാർപ്പതം കർമ്മ യപ്പണം അഥോ മഹാഭാഗ ഭനമോ സത്യോധൃതവ്രതമന്ധമുക് സമാധി തദ്ദേ തോന്ഥന യുവത്ര ജിവാജു സ്ഥിതമതിർഭേദ വാദതൗരിസ്ാസത സ്വഭാവരക്ത മഹാന് വ്യതിക്രമ യോ ധർമ്മീതര സ്ഥിതോ നവരണ വിചക്ഷണോ സഹതി വേദിരനന്ദ വാരസർത്തി പ്രവർത്തമാനുണീരനാൽപനസ്തോ ഭവർ ചേം തൃക്വാസ്വധർമ്മം ചരണുജം ഹരെ ഭജന്നവോഥ പേ തോ യ ഭദ്രിം കോ അർ ആധർമ്മേദോ പ്രേദേവിദോര്യഭ്യത ദുഃഖപതന്യതീരം നൈ ജനോ ജാതു കഥഞ്ചന്രജയ മുകദ സംസൃതിൻ മുകുന്ഗൂഹനം പുനഃപ്യഹാതിച്ഛേദര സഗ്രഹോ യഥം ഹി വിശം ഭഗവാൻ ഇതേ യോജസ്ത നിരോധ സഭവ തദ്ധി സ്വയം വേദ ഭ മാത്രം പ്രദർശിതം ത്മന ആത്മാനമവേഖ്യമോഘന കലാ അജം പ്രജാം ജഗത ശിവാൾ മഹാന ഭാവാഭ്യുദയോ ധിഗണ്യ്യത ഇതം ഹി പുും സുതൃഷ്ടൂക്തത്തോ അവിച്യുത കവിതോ യുത്തമ ശ്ലോക ഗുണാനുവർണനം അഹം പുരാതീത ഭേ ഭവേ ദു കൂകൂഷണേ പ്രാവശ്യതാർ അഭകേദാന് വർത്തി ചക്കു കൃത്യദർശന ശുശ്രൂഷമാണേ മുനോല്പഭാഷി ഉച്ചിഷ്ടേബാനമോദിജയ സൃത്മ ഭുഞ്ഞ്ജേതൽം പ്രവർത്ത വിശുദ്ധ ചേർമ്മ എൽപ്പ പ്രജായ താന്വഹം കൃഷ്ണകഥ പ്രഗായധ അനുഗ്രഹേണശ്രണവ മനോഹരാ യാദം വി ശൃണ് പ്രിയശ്രവമമാ അഭവരുജേ മഹാമുനേ പ്രിയശ്രവസ് സ്ഥലിതാമതിർമമാ യഹ മേദയാ പശ്യേ മി ബ്രഹ്മി കൽപ്പതം വരെ ഹരേ വിഷമം പ്രവൃത്ത അത് ജലസ്യം ഗുഃതമയൽ സാക്ഷാൽ ഭഗവതോദം അന്നോജൻ ഗമ്യന്ത വൽസരാഹം ഭഗവതോ വാസുദേവനുഭവമിതം യന്ച്ഛന്തി ചികിത്സതം ഭഗവതി കർമ്മ ബ്രഹ്മി ഭാവിതം ആമയോ യൂതാ യന സു്രത തദ്ദേഹമ്രവ്യം നികിത്സം ഏണം കിഗ സർ സംസൃതിഹേതൽമവിനായ കൽപ്പിന്റെ കൽപ്പത പരേ യത്ര കിട്ടിയേ കഷണം ജ്ഞാനം യധീനം ഹി ഭക്തിയോസ് സമന്വിതം കുർവാണയത്രർമാണി ഭഗവിക്ഷയാൽ ഗൃഹന്തി കൃഷ്ണസാസ്മരന്ത് നമോ ഭഗവതൊ്യം വാസുദേ പ്രുദ് അനിരുദ്ധായ നമ ജയേശ്വ ്യശ്രുത വിശ്രുതം വിഭോ സമാപ്യതം ആഖ്യുഖേർപ്പം നിർവണമുശ്യഥമുരാണേ പാരമ സംവിധായം പഞ്ചമോധ്യോവിന്ദം നിശമ്യ ഭഗവാൻ ദിവരുഷേർ ജന്മ കർമ്മ ഭൂയപ്പ പ്രക്ഷതം ബ്രഹ്മൻ വ്യസ സത്വവതീസുത ശ്രീവ്യസ ഉിക്ഷുഭർവിവസിത്തെ വിജ്ഞാദ്ദേഷ്ട്രുഭവ വർത്തമാനോ വയ്യാദ്യേതകോഭവാൻ സ്വായംഭുവകൃത്ത വർത്തിതം തേ പരം വയ കഥഞ്ചേദ മുദസ്രാക്ഷീക്കാളേ പ്രാ പ്രാകൽപ്പവിഷയാം സ്മൃതിം തേ സുരസത്തമ മഹ്യേഷ വ്യവധാൽ കാളേഷ സർവനികൃതി ശ്രീനാരദൌവാച ഭിക്ഷുർവിനേഷ്ട്രിഭമ വർത്തമാനോ വയസ്േതേതകാരശം ഏകാത്മജനീയോഷിന്നൂഢാ ചിങ്കരീ മയ്യാത്മജേനഗതൗ ചക്േ സ്നേഹനുബന്ധനം സതന്ത്രകൽ ആസീദ്യോഗേമം മമേച്ഛതി ഈശ്യ ഹി വശേ ലോകോ യോഷാദരുമയീ യഥ അഹഞ്ചത് ബ്രഹ്മകുലേ ഊഷിവാം സ്തപേക്ഷയാശകുൽപ്പന്നോ ബാലക പഞ്ചായന ഏകദ നിർഗതാംഗേ ഹാദുഹന്തീം നിശിഗാ പഥി സർപ്പോദശൽ പദ സ്പൃഷ്ടൃപണ കാല ചോദമീശമഭീപ്സദ അനുഗ്രഹം മന്യമാനഃ പ്രാതിഷ്ടം ദിശമുത്തരാം േദാൻ ജനപദാം ഗ്രാമം വൃാകരാൻ ഖേട ഖർവടവാടീശ്വ ചിത്രാതു വിചിത്രാദ്രീൻ ഇവ ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാ സുരസേവിത ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമൽ ഭ്രമര ശ്രിയ നളവേണുശര സ്തംബകുശകീ ചരം ഏക പരിശ്രാതേന്ദ്രി ആത്മാഹം തൃട്പരീതോ ബുഭുക്ഷിത സ്നുവാ പീവാഹൃ നദിയ ഉപസ്പൃഷ്ടോ ഗത തസ്മനുജേരന്യേ പിലോവസ്ഥ സ്ഥിര ആത്മനാത്മാനമാത്മസംയഥ്രുതമ ചിന്തയു ധ്യയതരണ ഭോജിം ഭാവനിർജിതേതസൗൽക്കഠ്യശ്രു കലാക്ഷൃദയാസീന്മേ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രേമാതിഭര നിർഭിന്ന പുളകാംഗോതിനിവൃത ആനന്ദ സംബ്ലവേലീനോ മാ പശ്യമുഭയം മുനി രുപം ഭഗവതോ യൻ മനഃക്കാന്തം ശുചാഹം അപശ്യൻ സഹസോത്തേ വൈക്ലവ്യ ദുർമന ദിദീക്ഷുസ്ഥഹം ഭൂയ പ്രണിതായ മനോഹൃ വീക്ഷമാണോ വിനശ്യം അവിതൃപ്തൈവ് ആദുര ഏവന്തം വിജനെ മാമാ ഗോചരോഗിരാ ഗംഭീര ശ്ലക്ഷണയാചാ ശുച പ്രശമയവ ഹം ദ്രഷ്ടുഹാർഹതി അവിപക്വകഷായാണ ദുർദർശോഹം കുയോകി സഹൃദ്യ ദർശിത ഏതൽ കാമായതേനഖ മൽ കാമ ശനഗൈ സാധു സർവാൻ മുഞ്ചതി ഹൃയായാൻ സൽസേവയാ ദീർഘയാതേ ജാത ദൃഢാമതി ഹി ത്വദ്യമം ലോകം ഗന്ധാമ്ജന താമസി മതിമ്മൈ നിബദ്ധേയം നേതരി ചിൽ പ്രജസർഗനിധേ വിസ്മൃതിശ്ചനുഗ്രഹാൽ എവദുക്തോ പരരാമതന്മഹൂതം നോലിംഗമലിംഗമീശ്വരം അഹം ചതസ്മൈ മഹതാ മഹീയസേ ശീർഷാവനം വിദധേനുഗം ത്രത്ര പഠൻ ഗുഹ്യാണി ഭദ്രാണിതരൻ ഗാമ്പൻ തുഷ്ടമനാഗതസ്പൃഹ കാലക്ഷൻ വിമദോ വിമൽസര ഏഷ്ണമതൈർ ബ്രഹ്മസക്തമലാൽപന കാല പ്രാദുരഭൂൽ കാളേ തടിൽ സൗദാമനീയഥ പ്രയുജ്യമാനേമയ താ ശുദ്ധാ ഭാഗവതീം തനു ആരമ നിർണോ നവതൽ പാഞ്ചഭൗതിക കൽപ്പന്തമാദായ ഭസ്യുധന്വദ ശിശൈഷോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ സഹസ്രയുഗ പര്യന്തേദം സി സൃക്ഷത മരീചി മിശ്രാ ഋഷയ പ്രാണേഭ്യോഹിരേ അന്തർബ്ച ലോകാൻ സ്ത്രീൻ പര്യേമ്യസ്കന്തി വ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാത ഗതി മൂർച്ചിവാഹരികഥാമാനശ്ശരാമ്യഹം പ്രഗായത സ്വീരയാണി തീർത്ഥ പാദ പ്രിശ്രവാ ആഹൂതൈവീ ശീഘ്രം ദർശനയാതി ചേതസീ ഏതധ്യാ ദുരചിത്ത മാത്രേച്ഛയാമു സിന്ധു പ്ലവോ ദൃഷ്ടോ ഹരിവരയാവർണനം ഹരിചരെയവർണനം യമാതിയോഗമലോ ഭു മുകുന്ദസേയാൽ തഥാത്മാ നാംമ്യം തതിദമാഖ്യാതം യൽപോഹം ത്യാ നഗ ജന്മകരഹസ്യം മേ ഭതാത്മതോഷണം ശ്രീസൂതൗ ഉച്ചം സമ്പ്യ ഭഗവാദ വാസവീസുതും ആമന്ത്രയവീണാ പ്രണയന്യോ യാദൃശിഗോ മുനി അഹോ ദഷി ധന്യോയം ശ്രീമദ്ഭാഗവതേ മഹാപുരാണെ പാരമഹം സംഗന്ധേ വ്യാസനാരദ സംവാ ധ്യോവിന്ദ്ര വിവിധ മേഖലകളിൽ പ്രശസ്തരായ ആളുകൾ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ നമ്മൾ പറയും പ്രതിഭാസംഗമെന്നാണ് പറയുക നമുക്ക് പേപ്പറിൽ കാണാം പ്രതിഭാസംഗമം അതായത് വലിയ വലിയ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്ന വേദിയാണ് ഈ പ്രതിഭാസംഗമം ഭാഗം ഒന്ന് പ്രഥമ സ്കന്ധത്തിൽ മൂന്ന് പ്രതിഭാസംഗമങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പ്രതിഭാസംഗമം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ശൗനകനും സൂതനും കൂടിയുള്ള അണ്ടുമുട്ടൽ ആരാ ശൗനകൻ ശൗന സർവവിവേക എന്നാണ് പ്രമാണം ഈ ശൗനകൻ സർവവിവേകൽ എല്ലാം അറിയാവുന്ന ആളാണ് ശൗനകൻ ആദ്യത്തെ പ്രതിഭ രണ്ടാമത് ശൗനകൻ കണ്ടുപിടുന്നത് സൂതനയാണ് എന്താ സൂതന്റെ യോഗ്യത സൂതൻ മഹർഷിമാര് വേദ വേദവ്യാസാദി മഹർഷിമാർക്ക് എന്തെല്ലാം അറിയാമോ അത് മുഴുവൻ അറിയാവുന്ന ആളാണ് സൂതൻ എന്താനല്ല ലോമഹർഷണന്റെ മകനുമാണ് സൽകൃതം സൂതമാസീനം പപ്രച്ഛുരിതമാതരാൽ സൽക്കരിച്ചിരുത്തിയതെന്ന് പറയാം സൽകൃതം ബലഭദ്രസ്വാമിയാണ് ഈ സ്ഥാനത്ത് കയറ്റിയിരുത്തിയാളെന്ന അർത്ഥമുണ്ട് രോമഹർഷ്ണന്റെ മരണത്തിന് ശേഷം ആ സ്ഥാനത്ത് സാക്ഷാൽ ബലഭദ്രസ്വാമിയാണ് സൂദനെ കൽപ്പിച്ചിരിച്ചത് അതുകൊണ്ടുകൂടാണ് സൽകൃതം എന്ന് പറയില്ല അദ്ദേഹം എല്ലാം പഠിച്ചിട്ടുമുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് ഈ അറിവ് പൂർണ്ണമാണെങ്കിൽ പഠിച്ചാൽ പോരാ പഠിപ്പിക്കുക വേണം എന്നാ പറയുക ആഖ്യാതാനി അപ്പ്യതീതാനി ധർമ്മശാസ്ത്രാണി എന്നാദ്യം പറയാം ആഖ്യാതാനി അധ്യാപിതാനി ഒക്കെ അസ്തായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ചെയ്യാം അത് പഠിപ്പിക്കുകയും വേണം അറിവ് പൂർണ്ണമാവും അങ്ങനെ യോഗ്യത ഉള്ളതാണ് സൂദൻ ഒന്നാമത്തെ പ്രതിഭാസം രണ്ടാമത് കണ്ടുപിട്ടുന്നത് സാക്ഷാത് വേദവ്യാസനും ശ്രീനാരദ ഭാഷയും അതാണ് ഇവിടെ അനുസ്മരിച്ചത് ഈ വേദവ്യാസൻ പ്രതിഭയാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനൊരു മഹാപ്രതിഭയെ ലോകം കണ്ടിട്ടുപോലുമില്ല അതുകൊണ്ടാണ് മറ്റൊരു മഹാപ്രതിഭയായ ആചാര്യസ്വാമികൾ സാക്ഷാത് ശങ്കരാചാര്യസ്വാമികൾ പോലും വേദവ്യാസനെ പറ്റി പറയുമ്പോൾ ഭഗവാൻ സർവജ്ഞോ വേദവ്യാസ വേറെ ആരെ പറ്റിയും ആചാര്യസ്വാമികൾ എന്ന് പറയാറില്ല വേദവ്യാസനെപ്പറ്റി പറഞ്ഞപ്പോ ഭഗവാൻ സർവജ്ഞോ വേദവ്യാസ അങ്ങനെയൊരു പ്രതിഭ ഈ സർവജ്ഞനായ വേദവ്യാസൻ ആരെയാ സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചിരുന്നത് മറ്റൊരു സർവജ്ഞനായ ശ്രീനാരദനെ എന്താ ശ്രീനാരദന സർവജ്ഞനാണെന്ന് പറയാൻ ശ്രീനാരദൻ വേദം അഭ്യസിക്കാൻ പോകും ആത്മജ്ഞാനം തേടാൻ പോയിട്ട് സനൽക്കുമാര മഹർഷിയിലെടുത്ത് ചെല്ലുമ്പോ സനൽകുമാരൻ ചോദിക്കും ശാന്തത്തിന്റെ ഒരു കഥയാണ് തലക്ക് ബാനും ചോദിക്കും ആരതൻ അങ്ങ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ചോദിക്കും അപ്പൊ താൻ പഠിച്ചത് മുഴുവനോട് പറഞ്ഞു കൊടുക്കും അത് ആ ലിസ്റ്റ് വായിക്കുമ്പഴാ നമുക്ക് തോന്നുക ഇനി പഠിക്കാൻ ബാക്കിയൊന്നുമില്ല എണ്ണാപ്പിന് എന്തിനാ എന്റെ അടുത്ത് വന്നത് അത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് പലതും പഠിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ആത്മജ്ഞാനം കിട്ടിയില്ലല്ലോ ഞാൻ അതിനാ വന്നത് അപ്പോ എല്ലാം വായിച്ച് പഠിച്ച് ശരൽകുമാറിന്റെ അടുത്തു നിന്ന് ആത്മജ്ഞാനവും നേടി ആൾ പ്രതിഭയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ആ മഹാപ്രതിഭാണ് രണ്ടാമത്തെ സംഗമം ഇനി മൂന്നാമതൊരു സംഗമം വരാൻ പോകുന്നു ശ്രീശിവനും പരീക്ഷത്തും അവിടെ നിൽക്കട്ടെ അപ്പോ ഈ സർവജ്ഞനായ വേദഭ്യാസന് ഒരു നേരിയ ദുഃഖം സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും വയ്യാത്ത പല പല മഹത് കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വേദങ്ങളെ വിഭജിച്ചു വേദങ്ങളുടെ അർത്ഥത്തെ നിർണയിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രം എന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥം രചിച്ചു ഓര ഈ ബ്രഹ്മസൂത്രത്തിന്റെയും വേദത്തിന്റെയും അർത്ഥങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി മഹാഭാരതം എന്ന പഞ്ചമ രചിച്ചു അപ്പൊ ഒരു നിലയില് സാധാരണക്കാർക്ക് വേണ്ടി ഇത്രയും ചെയ്തു ജ്ഞാനികൾക്കും സാധാരണക്കാർക്കും അറിയാൻ വേണ്ടി എല്ലാം എല്ലാം അദ്ദേഹം ചെയ്തു അറിവാണ് ഏറ്റവും വലിയ ധനം വിദ്യാധനം സർവധനാൽ പ്രധാനം അറിവാണ് ധനം അപ്പൊ മനുഷ്യന് അറിവ് കൊടുക്കലാണ് ഏറ്റവും വലിയ ദാനം അങ്ങനെ നോക്കിയാൽ വേദവ്യാസനെ പോലെ ഇത്ര വലിയ ദാനം ചെയ്യുന്ന ഒരാളില്ല ഒരു മനുഷ്യന് എന്തെല്ലാം ജീവിതത്തിൽ അറിയണം അത് ഐഹികമായാലും പാരത്രികമായാലും ഭൗതികമായാലും ആത്മീയമായാലും എന്തെല്ലാം അറിവ് ഒരാൾക്ക് വേണോ അത് മുഴുവൻ അദ്ദേഹം തന്റെ ഗ്രന്ഥങ്ങളിൽ പകർത്തി അങ്ങനെ വച്ചിട്ടുണ്ട് അത് വായിച്ചാൽ മതി വ്യാസോശിഷ്ടം സർവം എന്നാ പറയുക വ്യാസം തൊടാത്തതൊന്നും ഈ പ്രപഞ്ചത്തിനില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മനസ്സിന് ഒരു ദുഃഖം ഞാൻ ഇത്രയൊക്കെ ചുരുത്തും മനസ്സിനൊരു ദുഃഖം എന്താ ഈ ദുഃഖത്തിന്റെ കാരണം എന്ന് അറിയില്ല ഈ ദുഃഖകാരണം എന്ന് പറഞ്ഞാല് നോക്കൊരാക്ഷാസായി എന്താ ഒരു രോഗം വൈകൊരു വേദന എന്താ കാരണം പറഞ്ഞാൽ അത് ആശ്വാസമായി പക്ഷേ എത്ര പരിശോധിച്ചിട്ടും കാരണം കിട്ടുന്നില്ല എന്ന് ചോദിച്ചോളൂ ആകെ അഭിപ്രായം എന്താ ഈശ്വര ഈ ദുഃഖത്തിന് കാരണം എനിക്ക് വേദന ഇട്ടു എത്ര ഡോക്ടറെ കണ്ടിട്ടും എന്താ കാരണം എന്ന് അവർ പറയില്ല ചിലര് പറയും ഇതാണ് ചിലര് പറയും വേറെന്താണെന്ന് എന്തൊക്കെ ആനലൈസ് ചെയ്തിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടും രോഗകാരണം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ രോഗിക്ക് ദുഃഖം കൂടുതൽ ഉണ്ടാവുക ഇതുപോലെ സർവജ്ഞനായ വേദാസന് എന്തോ മനസ്സിന് ഒരു ചെറിയ വേദന എന്താണെന്ന് ഒട്ടും അറിയില്ല അങ്ങനെ എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് വിചാരിച്ചിരിക്കുക ാണ് എല്ലാവരുടെയും കണ്ണീര് തുടയ്ക്കുന്ന എല്ലാവരുടെയും മനസ്സിന് എപ്പോഴും ശാന്തി പകർന്നു തകുന്ന സാക്ഷാൽ ശ്രീനാരദ ആ ആശ്രമത്തിന് കഴിഞ്ഞിട്ടുള്ളത് സ്വീകരിച്ചിരുത്തി ഔ ഇനിയിപ്പോൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എല്ലാം അറിയാവുന്ന ഒരാളാണ് കടന്നു പോകുന്നത് സ്വീകരിച്ചിരുത്തി ഇരുത്തിയപ്പോഴും നാരദിന് രോഗം മനസ്സിലായി നാരദൻ ചോദിച്ചു എന്താ വ്യാസം സുഖമല്ലേ ശരീരത്തിന് സുഖമല്ലേ ചോദിച്ചു മനസ്സിന് സുഖമല്ലേ ഈ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടാൽ കിടക്കുന്നത് മനസ്സിന് സുഖമുണ്ടെങ്കിൽ ശരീരത്തിന് സുഖം ശരീരത്തിന് സുഖം ഉണ്ടെങ്കിൽ നേരെ തിരിച്ചു വേണം ദുഃഖം ശരീരത്തിൽ വന്നാൽ അത് മനസ്സിനെ ബാധിക്കും മനസ്സിന്റെ ദുഃഖം ശരീരത്തെയും ബാധിക്കും വാസ്തവത്തിൽ ഇതൊക്കെ മനസ്സിന്റെ സങ്കല്പങ്ങളാണ് ഇതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല സുഖ ദുഃഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളാണ് സുഖമാണെന്ന് വിചാരിച്ചാൽ സുഖം ദുഃഖമാണെന്ന് വിചാരിച്ചാൽ ദുഃഖം എന്തിന് നമുക്ക് സുഖമായത് മറ്റൊരാൾക്ക് ദുഃഖമാകാം മറ്റൊരാൾക്ക് ദുഃഖമെന്ന് തോന്നുന്നത് നമുക്ക് സുഖവും ഇതെങ്ങനാ വരിക ഈ സുഖം രണ്ടായി വരുമോ എന്റെ സുഖം എങ്ങനെ വേറൊരാട് ദുഃഖാവുക അത് വരാം കാരണം എന്റെ വീക്ഷണാണ് എന്റെ മനസ്സാണ് സുഖ ദുഃഖങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഒരു സംശയവും ഇല്ല അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന വേദവ്യാസനോടാണ് എന്താ ശരീരത്തിൽ സുഖമല്ലേ മനസ്സിൽ സുഖമല്ലേ ഏത് ചോദിച്ചിട്ട് ചിതാകരണം പക്ഷെ പറഞ്ഞുമല്ല അപ്പൊ അങ്ങയോട് ഇപ്പോ ഈ മാതിരി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം അറിയുന്ന ആളാണ് അങ്ങ് സാധാരണ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത മഹത്കാര്യങ്ങൾ മുഴുവൻ ചെയ്ത ഒരു മനുഷ്യനോട് സുഖാലയം തോന്നുന്നു മഹാഭാരതപരുടെ ഗ്രന്ഥം ആകരിചിക്കാൻ കഴിയുക ബ്രഹ്മസൂത്ര ഗ്രന്ഥം ആകരിക്ക് കഴിയുക ഇത് മുഴുവൻ എഴുതിയ ആൾക്ക് സുഖാലയം ചോദിച്ചതാ ചോദിച്ചതല്ലേ തെറ്റ് എന്നൊക്കെ ഒരു നേരം പോക്ക് പറഞ്ഞു അത്രേ വ്യാസം പറഞ്ഞു അത് അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മഹാഭാരത് രചിച്ചിട്ടുണ്ട് വ്യസിച്ചിട്ടുണ്ട് ബ്രഹ്മസൂത്രം രചിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും അങ്ങ് ഊഹിച്ചത് ശരിയാ എനിക്ക് നല്ല സുഖമില്ല മനസ്സിന് എന്തോ ഒരു അതിർത്തി എന്തുകൊണ്ടാണ് ഈ അതിർത്തി വരുന്നത് എന്നെനിക്കൊട്ട് നിശ്ചയമില്ല അസ്ത്യവേ സർവമിതം തരിദൃ തന്മൂലം അവ്യക്തം അഗാധബോധം എല്ലാം അറിയാവുന്ന അങ്ങേ ഉള്ള ഞാൻ ആരോടാ ചോദിക്കുക എന്താ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു അപ്പോഴാണ് വേദവ്യാസൻ രചനകളെപ്പറ്റി വിശേഷിച്ച് മഹാഭാരത രചനയെപ്പറ്റി ശ്രീനാരായണനുള്ള അഭിപ്രായം വളരെ വ്യക്തമായിട്ട് മുഹത്ത് നോക്കി പറഞ്ഞു ഈ അങ്ങ് മഹാഭാരതം രചിച്ചു വലിയ ഒരു ഗ്രന്ഥാണ് അത് ഒരു സംശയവുമില്ല പക്ഷേ അതിൽ കാര്യമായ ഒരു ന്യൂനത കടന്നു കൊടുക്കുന്നു ഈ മഹാഭാരതത്തിൽ അങ്ങ് ഈ ധർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ധർമ്മം പല വിധത്തിലുള്ള ധർമ്മമുണ്ട് പരമ്പതി ധർമ്മം ഒരു മനുഷ്യന് പുത്രരുടെ ധർമ്മമുണ്ട് പിതാവിന്റെ ധർമ്മമുണ്ട് അധ്യാപകന്റെ ധർമ്മമുണ്ട് ഭാര്യയുടെ ധർമ്മമുണ്ട് ഭർത്താവിൻ്റെ ധർമ്മമുണ്ട് രാജാവിൻ്റെ ധർമ്മമുണ്ട് ഒരു മനുഷ്യന് എത്രയോ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം നമ്മുടെ ഒക്കെ നമുക്കൊക്കെ എത്ര ധർമ്മങ്ങളുണ്ട് കുട്ടി മകൻ എന്നുള്ള നിലയിൽ അച്ഛനോടും അമ്മയോടുമുണ്ട് ധർമ്മം ഭർത്താവ് നടന്നതിൽ ഭാര്യയോട് ധർമ്മമുണ്ട് ഒരു ഭരണാധികാരിയാണെങ്കിൽ തൻ്റെ താൻ ഭരിക്കുന്ന ജനങ്ങളോട് തൻ്റെ രാജ്യത്തോട് ധരിക്കുന്ന ധർമ്മമുണ്ട് അപ്പോൾ ഒരേ വ്യക്തി തന്നെ പല മണ്ഡലങ്ങളിൽ പല ധർമ്മങ്ങളും അനുഷ്ഠിച്ചേ മതിയാവും അപ്പോൾ ധർമ്മങ്ങളെപ്പറ്റി വിസ്തരിച്ച് അങ്ങ് മഹാഭാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ ധർമ്മത്തെപ്പറ്റി പറയുമ്പോൾ ഉള്ള ആവേശം കാരണം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പോലും നല്ലതാണ് എന്നങ്ങ് പറഞ്ഞു അത് പറയാൻ പാടില്ല നമുക്കൊരിക്കലും ഒന്നിലും ആവേശം വരുന്നത് ആവേശം വന്നാൽപ്പനെ പറയുന്നതിനും തെറ്റും ചെയ്യുന്നതും തെറ്റും അതാണല്ലോ ഇപ്പോഴൊക്കെ കമ്പനികളൊക്കെ പണ്ടൊക്കെ ഐക്യു ആ കമ്പനികൾ നോക്കുക ഇപ്പൊ ഈ ക്യൂ നോക്കുന്നത് ഇമോഷണൽ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇമോഷണൽ റിയാക്ഷൻ എന്താകും എന്നാണ് ഇപ്പോഴത്തെ ഐക്യുവിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഇക്യു വരുന്നത് എന്നാ കാരണം നിങ്ങളൊരു സിറ്റുവേഷൻ വന്നാൽ ഒരു ഭരണാധികാരിയാണെങ്കിൽ എങ്ങനെ ഇമോഷണൽ റിയാക്ഷൻ എന്താകും നിങ്ങൾ ആ സിറ്റുവേഷനെ എങ്ങനെ നേരിടും എന്നാണ് ഇപ്പോഴത്തെ ചിന്ത ഇന്റലിജൻസ് അല്ല കാരണം ഇന്റലിജൻസ് വേണ്ടന്നല്ല പക്ഷെ അതോടുകൂടി തന്നെ ഇമോഷണൽ റിയാക്ഷനും കൂടെ ഒരു ബാലൻസ് വേണം ഇല്ലെങ്കിൽ അപകടം വേണം വ്യാസന ഇന്റലിജൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഒരാൾക്കല്ലേ ഇതൊക്കെ എഴുതാൻ കഴിയൂ പക്ഷേ ഇമോഷണൽ ആയിട്ട് ഒരു ചെറിയ കുഴപ്പമുണ്ട് അതാണ് ഐൻസ്റ്റൈൻ്റെ ഒരു പ്രസിദ്ധമായ വാചകം ആൽബർട്ട് മേക്ക് ദ ഇന്റലക്റ്റുവൽ ഗോഡ് ഇന്റലക്ട് ഹാസ് മസിൽസ് ബട്ട് ഇറ്റ് ഹാസ് നോ പേഴ്സണാലിറ്റി സാക്ഷാ പ്രസിദ്ധ ശാസ്ത്ര ഡോൺ മേക്ക് ഇൻ്റലക്ട് ദ ഗോഡ് ബുദ്ധിയെ ദൈവമാക്കരുത് ഇറ്റ് ഹാസ് മസിൽസ് നല്ല ശക്തിയുള്ളതാണ് ബട്ട് ഇറ്റ് ആസ് നോ പേഴ്സണാലിറ്റി ഇതുപോലെ നാരദിനും മറ്റൊരർത്ഥത്തിൽ വ്യാസൻ അങ്ങയുടെ ഇന്റലക്റ്റ് ഉള്ള ബുദ്ധി സമ്മതിച്ചു ഹേമ തന്നെ പക്ഷെ അവിടെ പേഴ്സണാലിറ്റി ഇല്ലാതെ പോയി ഉദാഹരണത്തിന് ഈ അങ്ങ് അവിടെ മഹാഭാരത പറഞ്ഞ ധർമ്മം ചരിടത്ത് ജുഗുപ്സിതമാണ് അറപ്പും വെറുപ്പും ഉണ്ടാക്കണം അങ്ങ് പറഞ്ഞു വെച്ചു ഇത് മഹാഭാരത കഥയുണ്ട് അതിഥിധർമ്മത്തെ പറ്റി പറയുമ്പോൾ ഓഘവതി സുദർശനൻ എന്ന രണ്ടുപേരുടെ കഥ പറയും മഹാഭാരത് അവിടെ പറയുമ്പോൾ ഈ അതിഥിധർമ്മമാണ് വിഷയം കൂട്ടത്തിൽ അതിഥിക്ക് വേണമെങ്കിൽ തൻ്റെ പത്നിയുടെ പാതി വൃത്തത്തെ പോലും കൊടുക്കണം എന്ന് പറഞ്ഞു ഭാരതം ഇതൊക്കെ വിഗുപ്സിതമല്ലേ വെറുപ്പല്ലേ ഇതൊക്കെ സഹായിച്ചാൽ സാധാരണക്കാരെ വഴിതെറ്റിക്കാൻ ഇതൊക്കെ പോരെ ഇങ്ങനെ ധർമാവേശം കൊണ്ട് അങ്ങ് വൃത്തികെട്ടതായ കഥകൾ പോലും മഹാഭാരത്തിൽ പറഞ്ഞു അതാണ് തെറ്റ് രണ്ട് ഒന്ന് പിന്നെ അങ് തത് ഉന്നതാ ഹിഞ്ചനയക്ഷിത പൃഥക്ൃശ തത്മഭിത്രജൽ ദുഃഖിതാമതല്ലഭേദാതാഹതം ഈ മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണം കുറച്ച് ഇതും ചെയ്തു കുറച്ച് അതും ചെയ്തു കുറച്ച് വേറിടത്തും ചെയ്തു ഇങ്ങനെ ഓടി നടക്കുന്ന മനസ്സിന് ഒരിക്കലും സുഖം കിട്ടില്ല ഈ ഓടി നടക്കുന്ന മനസ്സ് കാറ്റിൽപ്പെട്ട തോണിയെ പോലെയാണ് കൊടുങ്കാറ്റിൽപ്പെട്ട തോണിയെ അമരക്കാരനുകളും നിയന്ത്രിക്കാൻ ഇടത്തോട്ട് മാറും വലത്തോട്ട് മാറിയും മുങ്ങുമൊന്ന് തോന്നും ഊന്നും നിയന്ത്രണവും പാഞ്ഞു നടക്കുന്ന തോണിയെ പോലെയാണ് വിവിധ വിഷയങ്ങളിൽ വ്യാപൃതമായിരിക്കുന്ന മനസ്സ് അതുകൊണ്ട് മനസ്സിനോട് കേന്ദ്ര വേണം കേന്ദ്ര വേണം അതിനെ മനസ്സുമായിട്ട് ബന്ധിപ്പിക്കണം മഹാഭാരതം വായിച്ച എന്താ ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാ കേമമാണ് പുസ്തകം ഒരു സംശയവും ഇല്ല പക്ഷെ പല പല വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ വായിക്കുന്ന ആളുകൾക്ക് മതിക്ക് ഭ്രമം വരും അവരുടെ മനസ്സിന് സുഖം കിട്ടില്ല കാറ്റിൽപ്പെട്ട തോണിയെ പോലെ മനസ്സ് ആടിക്കളിക്കാൻ തോന്നും അതുകൊണ്ട് ഒന്നാ സത്യം ഒന്നേ ഉള്ളൂ ആ സത്യത്തിൻ്റെ പേരാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ ആ ഈശ്വരനെ പറ്റിയാണ് പറയേണ്ടത് അതിന് പല പല ധർമ്മങ്ങളെപ്പറ്റി എന്തില് വരുതെത്തിക്കുന്ന ധർമ്മങ്ങളെപ്പോലും അങ്ങ് പറഞ്ഞു അത് വായിച്ചാൽ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല അങ്ങേക്കും അതുകൊണ്ട് അതിന് ആ കിട്ടാത്തത് അത് എഴുതി അങ്ങേക്കും സ്വസ്ഥതയില്ല വായിക്കുന്നവർക്കും സ്വസ്ഥതയില്ല അറിവുള്ളവർക്ക് വായിച്ചാൽ പാലും വെള്ളവും വേർതിരിച്ച് ഹംസം എടുക്കുന്നത് പോലെ ഏതാ ശരി ഏതാ തെറ്റാണെന്നറിയാം ഈ അറിവില്ലാത്തൊരു വായിച്ചാലോ ഈ അബദ്ധങ്ങളോ ഒക്കെ അങ്ങോട്ട് ധരിക്കും ഇത് അങ്ങേക്ക് അറിവില്ലാത്തതുകൊണ്ട് അങ്ങ് ചെയ്തതല്ല അങ്ങയെപ്പോലെ അറിവുള്ള ആളില്ല പക്ഷെ എന്തേ അങ്ങനെ ചെയ്തത് ആവശ്യം ഒന്നും അതാണ് ഏതിലൂടെ ആവശ്യം വന്നാലും ശരി പിന്നെ മനസ്സിൻ്റെ സമതലെത്തുന്നതൊക്കറിയാവല്ലോ വല്ലാതെ ദേഷ്യം ഒന്നും ഒരാൾക്ക് നല്ല സംസ്കാരമുള്ള ആളാണ് അത് അപകടം ഒന്നും ചെയ്യില്ല പക്ഷെ വല്ലാതെ ദേഷ്യം വന്നാലോ വല്ലാതെ ദേഷ്യം വന്നാൽപ്പി എന്തൊക്കെയാ പറയുന്ന നിശ്ചയുണ്ടോ എന്തൊക്കെയാ കാണിക്കുന്ന നിശ്ചയം ഉണ്ടോ ദേഷ്യം അടങ്ങുമ്പോഴാ അയ്യ അയ്യേ ഞാൻ എന്ത് ഈ പറഞ്ഞത് അന്ന് വേണ്ടിയില്ലായിരുന്നു എന്ന് വിവേകമുണ്ടാവുന്നത് ദേഷ്യമടങ്ങുമ്പോഴാ ഇതുപോലെ ഒന്നിനോടും ഒരാവേശം പാടില്ല ധർമ്മ ആവേശം കൊണ്ടെങ്കിൽ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഊർധാഹി കഷ്ടോതിമേ ർമാർ കാമ സധർമ്മിന്ന സൈവ്യ അങ്ങ് മഹാഭാരത് പറഞ്ഞില്ലേ ഞാൻ തലയിൽ കൈവച്ച് പറയുക നിർത്തി ഈ പണി ഞാൻ നിർത്തി എനിക്ക് വയ്യ ഇനി ഞാനിതൊന്നും പറയില്ല എന്നങ്ങ് പറഞ്ഞില്ലേ എന്താ ധർമാൽ അർത്ഥ കാമ ധർമ്മ അനുഷ്ഠിച്ചാൽ അർത്ഥവും കിട്ടും കാമവും കിട്ടും അബദ്ധ അല്ലേ പറഞ്ഞു അർത്ഥവും കാമവും നേടാൻ വേണ്ടിയാണോ ധർമ്മമനുഷ്ഠിക്കുക ആ തെറ്റ് ഭാഗവതം ആദ്യം തന്നെ തിരുത്തി കാമവും അർത്ഥവും ഒന്നുമല്ല ധർമ്മത്തിന്റെ ലക്ഷ്യം ധർമ്മത്തിന്റെ ലക്ഷ്യം പരമധർമ്മത്തെ പ്രാപിക്കലാണ് ഈശ്വരനെ പ്രാപിക്കലാണ് അതുകൊണ്ട് ഈ മാതിരി ക്ഷുദ്ര വിഷയങ്ങളെപ്പറ്റി ഉപന്യസിച്ചത് കൊണ്ടാണ് അങ്ങക്ക് ദുഃഖം അങ്ങെ എന്തായിരുന്നു വേണ്ടത് മഹിമാനുവന്ത വാസുദേവന്റെ മഹിമയായിരുന്നു അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് വാസുദേവൻ എന്നല്ല അന്തര്യാമി എന്നാണ് അർത്ഥം ബ്രഹ്മം നാട് അർത്ഥം ആചാര സ്വാമികൾ എന്ന് പറഞ്ഞാൽ അന്തര്യാമിയെ പറ്റിയാണ് പറയേണ്ടത് ഈശ്വരനെ പറ്റിയാണ് പറയട്ടത് അതൊഴിച്ച് പലതിനെ പറ്റിയും അങ്ങ് പറഞ്ഞു ഈശ്വരനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല കൃഷ്ണന്റെ കഥ കൂടാണ് ഭാരതം എങ്കിലും കൃഷ്ണനെക്കാളി കൂടുതൽ പ്രാധാന്യം പാണ്ഡവർക്കും കൗരവർക്കും കൊടുത്തു എന്നവരെ തെറ്റ് അങ്ങ് വരുത്തി അതിന് വഴിയുണ്ട് ഈ തെറ്റ് നിരുത്താനായിട്ട് അങ്ങ് ശ്രീകൃഷ്ണനെ കേന്ദ്ര കൃഷ്ണലീലകൾ വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ചാൽ അങ്ങയുടെ മനസ്സിന് ശാന്തി കിട്ടും അങ്ങക്ക് മാത്രമല്ല അത് വായിക്കുന്ന എല്ലാവരുടെ മനസ്സിനും പരമശാന്തി ലഭിക്കും അതുകൊണ്ട് വിളംബം കൂടാതെ അങ്ങ് അതിന് ശ്രമിക്കൂ എന്ന് ഉപദേശിച്ചു പറഞ്ഞു ഞാന് എന്റെ ഒരു കഥയുടെ പറഞ്ഞത് അവസാനിപ്പിക്കാം ഞാൻ എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി അഞ്ചു വയസ്സോടെ ബാലൻ അച്ഛൻ ആരാണെന്ന് അറിയില്ല എന്നോ മരിച്ചു ദാസിയായ അമ്മ ഏതെങ്കിലും പ്രഭുഗൃഹങ്ങൾ പണിയെടുക്കും എന്തെങ്കിലും കൊണ്ടു തന്നാൽ അത് കഴിച്ച് അമ്മ മാത്രം ഏകാശ്രയം എന്ന് ജീവിക്കുമ്പോഴാണ് അവിടെ പ്രഭുവിന്റെ ഗൃഹത്തില് ചാതുർ ഒരു നാലു വർഷം നാലു മാസം ചാതുർമാസ എന്ന വ്രതം അനുഷ്ഠിക്കാൻ കുറെ വന്നു എന്തോ എന്റെ ഭാഗ്യമല്ലേ പറയട്ടു അമ്മ പറഞ്ഞു ഉണ്ണി അവിടെ പോയിട്ട് അവരെ സഹായിക്കുക പൂജയ്ക്ക് പൂ കൊണ്ട കൊടുക്കുക നിലവൊക്കെ അടിച്ചു വാരുക അങ്ങനെ വിറക് കൊണ്ട കൊടുക്കുക ഇങ്ങനെ ആ ഈശ്വരന്മാരെ ആ മഹേഷ മഹർഷിശ്വരന്മാരെ സഹായിക്കൂ എന്നാമ് പറഞ്ഞപ്പോ എന്തോ എനിക്കും തോന്നി അതിനൊരു താല്പര്യം ഉള്ളില് ഒരു ബീജമുണ്ടാവണം ഉള്ളിൽ വാസന ഉണ്ടാവണം വാസനയുള്ളപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങോട്ട് പോകും ഈ വാസന ഇല്ലാത്തവരെ എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല നാരദന്റെ ഉള്ളിൽ ആ വാസന ഉണ്ട് സജ്ജനങ്ങളെ സേവിക്കുക എന്നൊരു വാസന രൂഢമൂലമായിട്ട് എവിടെയോ കിടപ്പുണ്ട് അപ്പോ സന്തോഷായിട്ട് പോയിരുന്ന മാത്രമല്ല ഈ നാലു മാസക്കാലം ഈ മഹർഷീശ്വരന്മാരുടെ അടുത്ത് ഇരുന്നു അവരുടെ ഹോമം ജപം ധ്യാനം പലതും ഉണ്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ സത്സംഗവും ഉണ്ടാകും ഈ സത്സംഗമൊക്കെ ശ്രദ്ധിച്ചു കേൾക്കും വലുതായിട്ടൊന്നും മനസ്സിലാവില്ലേ എന്നാലും കുറെ കഥയൊക്കെ അവർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും പക്ഷേ എന്തോ ഈ ഋഷീശ്വരന്മാർക്ക് വളരെ സന്തോഷം തോന്നി ചാതുർമാസം കഴിഞ്ഞ് പോകാറായപ്പോ അവര് എന്നെ അടുത്ത് വിളിച്ചു അവരുടെ തൃക്കൈകളുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു ഉണ്ണി നന്നായി വരൂ നന്നായി വരൂ എന്ന് അനുഗ്രഹിച്ചു ആ ഒരു ഉപദേശ അനുഗ്രഹം സജ്ജനങ്ങളുടെ ഒരു അനുഗ്രഹം അതോടുകൂടി ഞാൻ ആകെ മാറി ആളാകെ മാറി ഇപ്പൊ എനിക്കൊരൊറ്റ വിചാരമേ ഉള്ളൂ സജ്ജനങ്ങൾ കാണിച്ച വഴിയേ പോകണം സജ്ജനങ്ങൾ കാണിച്ച വഴിയേ പോകണം എൻ്റെ വഴിയല്ല ശരിയായ വഴി അവര് പറഞ്ഞ വഴിയെ തോന്നണം ഈശ്വരനെ തേടണം എന്നൊരു മോഹം പക്ഷേ എല്ലാം വിട്ടറിഞ്ഞിട്ട് വേണം ഈശ്വരനെ തേടാൻ ഞാൻ എങ്ങനെ പോവാ എനിക്ക് ചില മമതാ ബന്ധങ്ങളുണ്ട് ഞാൻ മാത്രം അവലംബം എന്ന് കരുതി ജീവിക്കുന്ന എന്റെ അമ്മയില്ലേ അമ്മ ജീവിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ ആ അമ്മയെ എങ്ങനെയാ ഉപേക്ഷിക്ക ഇതല്ല വേണ്ടതെന്നറിയാം പക്ഷേ ഉപേക്ഷിക്കാനെ വയ്യ കുടുക്കിലാണ് ഞാൻ ചെന്നപ്പെട്ടത് ഏതായാലും ഈശ്വരനെപ്പറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ ഈശ്വരൻ തന്നെ അവനൊരു ഉപായം ഉണ്ടാക്കി ഒരു ദിവസം സന്ധിക്ക അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പാമ്പ് കടിച്ചു അമ്മ മരിച്ചു അനുഗ്രഹം മന്യമാനാ അമ്മ വരിച്ചപ്പോ എനിക്കത് അനുഗ്രഹമായിട്ടാ പോയുന്നത് നമ്മൾ ഞെട്ടും കേൾക്കുമ്പോ അമ്മ ഭരിച്ചത് അമ്മയെ നമസ്കരിക്കില്ലേ വേണ്ടത് ആസ്തം താവതിസമേ ദുർവാരശൂല്യത നൈരുച്യം തനുശോഷണം മലമയ ശയ്യ ചവത്സരി ഏകസ്യ ഗർഭാരഭരണക്ലേശസ്ാതു നൈസ്കൃതി ഉന്നതോ വിതനയ െ നമസ്കരിക്കുന്നതിനു പോലും അമ്മ മരിച്ചപ്പോ അത് അനുഗ്രഹമായിട്ട് തോന്നി എന്ന് പറഞ്ഞാ നമ്മൾ നെല്ച്ചു കുടിക്കും ഈ നാരദൻ ഞാൻ എന്തൊരു കുട്ടിയാ അമ്മ മരിച്ചപ്പോ സന്തോഷം അങ്ങനല്ല നാരദനെ പോലുള്ള ആളുകൾക്ക് എന്തമ്മ എന്താ അച്ഛൻ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ ആ ശക്തിയില് സങ്കല്പങ്ങൾ വരുമ്പോ അമ്മ അച്ഛനോ തോന്നൽ ഉണ്ടാവുകയാണ് അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ആര് മരിച്ചു അമ്മയുടെ ശരീരമില്ലാണ്ടായിന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മരണമുണ്ടോ അക്ഷയദ്രോഹം അതാ പറഞ്ഞു